അള്ളാഹു സുഭാലഹുവചായയിലും അവൻറെ ദൂതനിലും അവർ അവിശ്വസിച്ചു എന്നത് മാത്രമാണ് അവരുടെ ചിലവഴിച്ചവ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമായത് അവർ മടിയോടെ മാത്രമേ നമസ്കാരത്തിന് വരുന്നുള്ളൂ വെറുപ്പോടെ മാത്രമേ ചിലവഴിക്കുന്നുള്ളൂ